അവർക്കിടയിൽ ഒരു മറയുണ്ടാകും ഔറാഫിൽ ഉയർന്ന സ്ഥലത്ത് ഓരോരുത്തരെയും അവരുടെ അടയാളം കൊണ്ട് തിരിച്ചറിയുന്ന ചില പുരുഷന്മാരുണ്ടാകും അവർ സ്വർഗവാസികളെ വിളിച്ചു പറയും നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ അവർ അതിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിലും അവർ അതിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു